ദൈവനാമ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ കോള സ്കൂളിൽ പഠി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തെങ്കിലും ആന്തരികമായിട്ട് പലപ്പോഴും ഒരു ഈ സത്യത്താൽ എത്രത്തോളം പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ഗൗരവമായിട്ടെടുത്ത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് എൻ്റെ കോളേജ് ലൈഫിലാണ് ഞാനൊരു സെക്കൻഡ് ഇയർ ആ സമയത്ത് പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ക്രിസ്ത്യ ജീവിതം സീരിയസ് ആയിട്ട് എടുത്തത് അതിന് മുമ്പ് വരെ ബാഹ്യമായിട്ട് ചർച്ചിൽ പോകും പാട്ടൊക്കെ പാടും കൈയൊക്കെ പൊക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയായിരുന്നു അപ്പം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അവിടെ ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ ചേർച്ചിൽ പോകുമായിരുന്നു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടി അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ക്രിസ്ത്യ ജീവിതം ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ എന്നെ സഹായിച്ച രണ്ട് സത്യങ്ങളാണ് അപ്പം ഐ വോസ് ഞാൻ എൻ്റെ ഹൃദയം വളരെ ഗ്രിപ്ഡായ രണ്ട് സത്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം Uh, uh, so that the world may know that you sent me, and loved them even as you have loved me. So, Jesus said to me, He said, You will come to me, and you will come to me, and you will come to me, and you will come to me, and you will come to me. So, that's the thing, that's the thing, Jesus said to me, അപ്രകാരം തന്നെ എന്നെ എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം അത് തിയറിട്ടിക്കലായിട്ടൊക്കെ പലപ്പോഴും കേട്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അതെൻ്റെ ഹൃദയത്തിലേക്ക് ശരിക്കും ആ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കടന്നു വന്നത് അതിനെ ഒത്തിരി ഐ വാസ് റിയലി ഗ്രിപ്റ്റ് ബൈ ദ ട്രൂത്ത് അപ്പം അതിനു യേശു ആരാണ് എന്നുള്ളൊരു കാര്യം ഒരു വ്യക്തതയില്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്പോൾ യേശു ആരാന്നുള്ള കാര്യത്തിൽ കൊളോസിൽ ലേഖനം ഒന്നാമധ്യായത്തിൻ്റെ 16th verse is saying for by him all things were created both in the heavens and on earth visible and invisible whether thrones or dominions or rulers or authorities all things have been created through him and for him appam pidavai devam srishticha sagalitham ellam yeshuveludeyum yesuvin yesuvin vendi maatramana ennulla oru satyam adhaidha he is the darling of heaven swargathinte aa oru ellam ellam avanana പിതാവ് എല്ലാം സൃഷ്ടിച്ചത് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും നമ്മളെ സൃഷ്ടിച്ചതും എല്ലാം യേശുവിന് വേണ്ടിയാണെന്നുള്ള സത്യം അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിലേക്ക് യോഹന്നാൻ്റെ പതിനേഴാം സു അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ യേശുവിനെ പിതാവ് എപ്രകാരം സ്നേഹിച്ചോ അപ്രകാരം തന്നെ എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം അത് ശരിക്കും ഒരു ഒരു അമേസിങ് റെവലേഷനായിട്ട് ദൈവം തന്നു അപ്പം അത് കാണിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു പാപിയായ അല്ലെങ്കിൽ ഇത്രയും കുറവുള്ളവനായ ദൈവത്തിൻ്റെ കല്പനകൾ അനുസരിക്കാതെ പാപത്തിൽ ജീവിക്കുന്ന എന്നെ അല്ലെങ്കിൽ പാപത്തിലായിരുന്ന എന്നെ ദൈവം തൻ്റെ പുത്രനായ ഏകപുത്രനായ ദൈവമായ യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം അത് ദൈവത്തിൻ്റെ ആ ഒരു അൺകണ്ടീഷണൽ ലവിനെക്കുറിച്ച് ഒരു ഒരു വെളിപ്പാടായിരുന്നു അത് ശരിക്കും അത് മനസ്സിലായപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഇങ്ങനെ കരയുമായിരുന്നു കർത്താപി എന്നെ അത്രയും സ്നേഹിക്കുന്നല്ലോ അപ്പം അതൊരു എൻ്റെ ക്രിസ്ത്യജീവിതത്തിൻ്റെ ഫൗണ്ടേഷനായൊരു കാര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും രണ്ടാമത്തെ ഗ്ലോറിയസ് ട്രൂത്ത് എന്ന് പറയുന്നത് റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ട്വൻ്റി നയൻ അറിയാവുന്ന ഒരു ഭാഗമാണ് റോമൻസ് എയ്റ്റ് വേഴ്സ് ട്വൻ്റി ഫോർ ദോസ് ഹൂം ഈ ഫോൺ യു ഹി ഓൾസോ പ്രീ to become conformed to the image of his son so that he would be the first born among many brethren avan munarinavare tande putran aneegam sahodaranmaril aadhijaadanagendan avante swarupathode anurooparaaguvan munniyachirikkunu appo pinnidenne manasilekku vanna kaaryam devathinte sneham enne unconditional like love cheyunu snehikunnu ennulla kaari maathramalla adunappurayitte oru padi munnotu poi avante putranai yeshuvante adhe chaayilekkum saadarshathilekkum ഞാൻ മാറേണ്ടതിന് എന്നെ മുൻ നിയമിച്ചിരിക്കുന്നു അപ്പം അതും ഒരു റെവല്യൂഷനായി വന്നപ്പോൾ വളരെ ഒരു ഒരു ഒരു ഇത് രണ്ടും വളരെ ഫേം ഫൗണ്ടേഷനായിട്ട് എനിക്ക് ദൈവം ലേ ചെയ്ത പോലെ എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടു ഒരു അൺഫീലിംഗ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലവ് മാത്രമല്ല ദൈവത്തിൻ്റെ ട്രാൻസ്ഫോമിങ് ലവ് അതായത് എൻ്റെ ജീവിതത്തിൽ കൂടെയുള്ള ദൈവത്തിൻ്റെ പേർപ്പസ് ഇതാണ് ദ ഇഫ് ദസ് വൺ പേർപ്പസ് ഇൻ മൈ ലൈഫ് ദറ്റ് ഇസ് ദിസ് ദറ്റ് ഗോഡ് ഈസ് പ്രീ ഡെസ്റ്റിൻ മീ ടു ബി കൺഫോംഡ് ടു ദ ഇമേജ് ഓഫ് അവൻ്റെ പുത്രൻ്റെ ആ ഗ്ലോറിയസായിട്ടുള്ള ചായയിലേക്ക് മാറ്റാനായി അവനെന്നെ മുന് വച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും അപ്പം ഈ രണ്ട് ഗോഡ്സ് അൺകണ്ടീഷണൽ ലവൻ ഗോഡ്സ് ട്രാൻസ്ഫോമിങ് ലവ് അത് ശരിക്കും ഒരു വളരെ കൃത്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അതുപോലെ ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലവനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന എനിക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ കാര്യം യേശു പഠിപ്പിച്ചതായ ഉപമയാണ് ധൂർധപുത്രൻ്റെ ഉപമ അപ്പം ആ ഉപമയിലെ ഒരു വാക്യം ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം ഞാനിങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സാക്കങ്ങളുടെ മെസ്സേജൊക്കെ കേൾക്കും ചേർച്ചിൽ പോകും എല്ലാം ഞായറാഴ്ചയും കൂട്ടായ്മയും ആചരിക്കും അതുപോലെ കോളേജിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു അതും സീരിയസ് ആയിട്ട് എടുക്കും അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളെയൊക്കെ ഗൗരവമായിട്ട് എടുക്കണം കർത്താവിനെ ആ രീതിയിൽ പിൻപറ്റണം ഒരു ഹിപ്പോക്രെ ആകരുത് എന്നൊക്കൊരാഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും വളരെ തോൽവിയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ പല സീക്രട്ട് സിൻസിലും ഒക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് കർത്താവ് ഞാൻ എന്ത് വലിയൊരു ഹിപ്പോക്രെ ആണ് ഈ ഒരുപക്ഷെ ലോകത്തിലെ ഈ സഭകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സഭകളിൽപ്പെടുന്ന ഒരു സഭയായിരിക്കും നമ്മുടെ സഭ അപ്പോൾ ആ സഭയിൽ അംഗമായിരുന്നിട്ടും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഇതൊക്കെ എപ്പോഴും കേ കേട്ടിട്ടും കർത്താവ് ഞാൻ എന്ത് എന്ത് എന്തൊരു മോശം ഇന്നർ ലൈഫാണ് എനിക്കുള്ളത് ഒരു ആന്തരിക ജീവിതമാണ് എനിക്കുള്ളത് എന്ന് പലപ്പോഴും അതായിരുന്നു യാഥാർത്ഥ്യം അപ്പം ആ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ പലപ്പോഴും വളരെ നിരാശനായിട്ടും വളരെ ഡിസ്കറേജ്ഡായിട്ടും ഇരുന്നിട്ടുണ്ട് അപ്പം വളരെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനായിരിക്കുമ്പോഴും ഞാനിങ്ങനെ ജീവിതം അടുത്ത് ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ എൻ്റെ സിംഗിൾ റൂമിൽ ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിരാശനായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു ലൂക്കാർ സുവിശേഷം ഡ്സിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ആ ഒരു ഒറ്റ വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് കാര്യം ഉപമ എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ആ വാക്യം എൻ്റെ അടുത്ത് ശരിക്കും എൻ്റെ ഹൃദയത്തോട് വളരെ ക്ലിയറായി സംസാരിച്ചു അതിങ്ങനെയാണ് പറയുന്നത് ഫിഫ്റ്റീൻ ട്വൻറ്റി അങ്ങനെ അവൻ എഴുന്നേറ്റ് ദൂരസപുത്രം തിരിച്ചു വരുന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തു നിന്ന് തന്നെ അപ്പനവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പി കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു അപ്പോൾ അതൊരു റെവലേഷനായിട്ട് ദൈവം ശരിക്കും റെവലേഷൻ എന്ന് പറയത്തില്ല എൻ്റെ ഹൃദയത്തിലോട് ഹൃദയത്തോട് സംസാരിക്കുകയായിരുന്നു അതായത് ഈ അവൻ്റെ ഭാഗം അവൻ്റെ അപ്പൻ്റെ കയ്യിൽ അവൻ ദൂരദേശത്ത് പോയി അത് പാപത്തിൽ ചിലവഴിച്ച് അതായത് മദ്യത്തിലും അതുപോലെ വേഷ്യ പ്രോസിറ്റ്യൂഷൻ പ്രോസിറ്റ്യൂഷൻ പ്രോസിറ്റ്യൂഷൻ്റെ ചിലവഴിച്ചും വളരെ മോശം ജീവിതം ജീവിച്ച് എല്ലാം കളഞ്ഞ് അവസാനം അവൻ്റെ അവൻ്റെ അപ്പൻ്റെ പക്കലേക്ക് തിരിച്ച് വരുമ്പോൾ അവൻ്റെ അപ്പൻ അവനെ റിസീവ് ചെയ്ത ആ ഒരു ആ ഒരു കാര്യം അതായത് ഓടിച്ചെന്ന് അവൻ്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അപ്പം ആ ഒരു കാര്യം എന്നെ ശരിക്കും എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു കർത്താവ് ഞാനായിരിക്കുന്ന കണ്ടീഷൻ എന്തായിരുന്നാലും ഞാൻ ഒരു നിൻ്റെ പക്കലേക്ക് വരാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ യു ടേക്ക് 100 സ്റ്റെപ്സ് നീ നൂറ് സ്റ്റെപ്സ് എടുക്കുന്നു നീ എൻ്റെ അടുത്ത് ഓടി വന്ന് നിൻ്റെ നീ നീ നീ ഇത്രയും പരിശുദ്ധനായ ദൈവമായിരുന്നിട്ടും എന്നെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ചുംബിച്ച് എന്നെ വീണ്ടും അങ്ങയുടെ പുത്രനാക്കി മാറ്റുന്ന ആ ഒരു സ്നേഹം അത് ശരിക്കും എന്നെ ഒത്തിരി എന്നെ ഒത്തിരി ടച്ച് ചെയ്തു അതുപോലെ വൺസ് ആൻഡ് ഫോർആൾ വൺസ് ആൻഡ് ഫോർ ആൾ എന്നെ ആ ഡിസ്കറേജ്മെൻ്റിൽ നിന്ന് രക്ഷിച്ച ഒരു വാക്യമാണത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഈ മുടിയനായ പുത്ര ഈ ഒരു ഉപമ ഇങ്ങനെ ധ്യാനിച്ചോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നൊരു കാര്യം ആ ഉപമയിലെ ഹീറോ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളോർക്കും പിതാവാണ് അല്ലെങ്കിൽ ആ ഒരു അത്രയും വലിയ മനസ്സുള്ള ആ പിതാവാണ് മകനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത പിതാവാണ് ആ കഥയിലെ ഹീറോ ഓർക്കും പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു ഈ റിയൽ ഹീറോ ഓഫ് ദാറ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിതാവുമല്ല മടങ്ങി വന്ന പുത്രനുമല്ല പക്ഷേ ആ സ്റ്റോറി ടെലറാണ് കഥ പറഞ്ഞ വ്യക്തിയാണ് യേശു ഈ കഥ പറയുന്നത് അപ്പം നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്ന ചിത്രം ദൈവം മെ സ്നേഹിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അത്ര വെളിപ്പെടുത്തുന്നില്ല അവിടെ പുതിയ നിയമത്തിൽ വെളിപ്പെ വെളിപ്പെടുത്തുന്നതുപോലെ പഴയ നിയമത്തിൽ അത്രയും വെളിപ്പെടുത്തുന്നില്ല നീതിയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ഉപമകർത്താവ് യേശു ഷെയർ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ കാണുന്നില്ല പരിശുദ്ധനായ ദൈവം ആ പാപിയായ പുത്രൻ മടങ്ങി വരുമ്പോൾ പരിശുദ്ധനായ ദൈവം ആ അപ്പനോടാണല്ലോ ിരിക്കുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ദൈവം അവിടെ ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ കാണുന്നില്ല അപ്പോൾ ഞാനെടുത്തതിൻ്റെ കർത്താവ് ഇങ്ങനെ നിന്റെ നീതിയെക്കുറിച്ച് കാണുന്നില്ലല്ലോ അപ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു ചിത്രം ഈ സ്റ്റോറി ടെലർ കഥ പറയുന്ന ആൾ ആ നീതി ഓൾറെഡി ഫുൾഫില് ചെയ്തു ആ കാര്യം മിണ്ടുന്നുമില്ല ഈ ഉപമയിലോടനീളം ആ കാര്യം നമ്മൾ കാണുന്നില്ല ദൈവത്തിന് നമ്മ നമ്മുടെ പാപം മൂലം നമ്മോടുള്ള ക്രോധം അല്ലെങ്കിൽ നമ്മോടുള്ള ആ ജ്വലിക്കുന്ന അവൻ്റെ ക്രോധം അതേക്കുറിച്ചൊരു ചെറിയ ഒരു സൂചന പോലും ആ കഥ നമ്മൾ കാണുന്നില്ല മടങ്ങി വരുന്നു അവനെല്ലാം നശിപ്പിച്ചു എല്ലാം കളഞ്ഞു വെറും വൃത്തികെട്ട രീതിയിൽ ജീവിച്ചു എന്നിട്ട് നിരാശനായി അപ്പൻ്റെ ഒരു ജോലിക്കാരനായെങ്കിലും അപ്പനെന്നെ അംഗീകരിക്കുമല്ലോ എന്നുള്ള ചിന്തയിൽ അവൻ കടന്നു വരുമ്പോൾ അവന് കിട്ടുന്ന റിസപ്ഷൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനെ ജോജ്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പോലെ ഉടുപ്പിടിപ്പിച്ച് ചെരിപ്പിടിപ്പിച്ച് റിങ് അവൻ്റെ കൈകളിലിട്ട് അവനെ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 അതിൻ്റെ അണിയറയിലായിരിക്കും അല്ലെങ്കിൽ ആ ബാക്ക് സ്റ്റേജിലായിരിക്കും അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് യേശു ആ നീതി കംപ്ലീറ്റ് അവനാണ് ടേക്ക് കെയർ ചെയ്ത് ഗത്തമനിയിലെ അവൻ്റെ ആ കണ്ണീരും ക്രൂശിൽ അവൻ്റെ ആ ഒരു അവൻ അനുഭവിച്ച ആ യാതനയും അതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പോയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ നീതിയെ ഫുൾഫിൽ ചെയ്ത കാര്യങ്ങൾ പക്ഷെ അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ പുഞ്ചിരിച്ച ഒരു ചിരിയോ ഒരു ഫേസ് വോഡ് അവൻ ഷെയർ ചെയ്യുന്ന കഥയാണ് അപ്പം അവിടെ യേശുവിൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെയാണ് കർത്താവ് ഞാൻ പാപം ചെയ്തു ഞാൻ പാപത്തിൽ വീണ് ഞാൻ മടങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും പിതാവ് എന്നെ ഈ ദൂർത്തപുത്രൻ്റെ ഉപമേയിലെ പിതാവിനെ പോലെ തന്നെ എന്നെ സ്വീകരിക്കുന്നു അതൊരു ഭാഗത്ത് പക്ഷേ മറുഭാഗത്ത് എനിക്ക് അങ്ങയുടെ മുഖവും കാണാൻ കഴിയും ആ വേദന ഞാൻ എന്നാൽ ഞാൻ ഡിസേവ് ചെയ്യുന്ന വേദന അല്ലെങ്കിൽ എന്നാൽ വന്ന നഷ്ടം സഹിച്ചത് അങ്ങാണ് എനിക്ക് അങ്ങയുടെ പുഞ്ചിരിച്ച മുഖവും എനിക്ക് കാണണം അത് കാണുമ്പോൾ ഞാൻ പാപത്തെ കൂടുതൽ ഗൗരവമായിട്ട് എടുക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി അതും എന്നെ വളരെ സ്പർശിച്ചൊരു കാര്യമാണ് പിന്നെ എൻ്റെ കോളേജ് ലൈഫുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡ്രമാറ്റിക്കായി ഒന്നും ഷെയർ ചെയ്യാനില്ല സത്യം പറയുകയാണെങ്കിൽ പക്ഷെ ഒരു ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്താം ക്ലാസ്സിൽ എൻ്റെ സി ബി എസ് ഇ എക്സാമിന് ഞാൻ സ്കൂളിൽ ടോപ്പറൊക്കെയായിരുന്നു ടെൻ ക്ലാസ്സൊക്കെ വരെ ഇലവന് ക്ലാസ്സൊക്കെ വരെ അപ്പം പത്താം ക്ലാസ്സിലിങ്ങനെ മാത്സിന് ഞാൻ മാത്തമാറ്റിക്സ് പേപ്പറിന് ഞാൻ നൂറിൽ നൂറ് മാർക്ക് മേടിച്ചു പത്താം ക്ലാസ്സിൽ അപ്പോൾ അത് വലിയ സ്കൂളിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അതിനു മുമ്പ് ആരും ആരും മേടിച്ചിട്ടില്ല അപ്പം വല് വലിയൊരു കാര്യമായിട്ടായിരുന്നു ഭയങ്കര റിസപ്ഷനും ഭയങ്കര ഒരു ഒരു ഒരു ഹീറോ പരിവേഷൊക്കെയായിരുന്നു സ്കൂളിൽ മെഡൽ തരുന്നു സർട്ടിഫിക്കറ്റ് തരുന്നു അങ്ങനത്തെ ഭയങ്കര കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ 100 മാർക്ക് മേടിച്ചതല്ല ഞാൻ നയൻറ്റി എയ്റ്റ് മാർക്സിന് ഞാൻ എഴുതി രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം ഒരു ഒരു ഒരു ചോദ്യം അത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പം എൻ്റെ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് പരീക്ഷാ ഹാളിൽ അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു അവൻ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാനത് എഴുതി രണ്ട് മാർക്ക് അപ്പോൾ രണ്ട് മാർക്ക് എനിക്ക് കിട്ടേണ്ടതല്ല ഞാൻ കോപ്പി അടിച്ച് എഴുതിയതായിരുന്നു അപ്പോൾ അതാർക്കും അറിയത്തില്ല എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് നൂറ് കിട്ടി അപ്പോൾ തൊണ്ണൂറ്റെട്ട് കിട്ടിയ കുറെ പിള്ളേരുമുണ്ട് സ്കൂളിൽ അപ്പം അതേക്കുറിച്ച് ഞാൻ വിശ്വാസിയായിരുന്നപ്പോഴല്ല ഞാൻ ചെയ്ത് അപ്പം താം ക്ലാസ്സിലാണ് അപ്പോൾ അതിനൊന്നിൽ ഞാൻ വിശ്വാസിയായി അപ്പം ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു കോളേജിൽ വന്നു അപ്പം കോളേജിൽ വന്നപ്പോഴൊന്നും ഞാൻ ഈ കോപ്പിയടി ബാഹ്യമായൊരു കാര്യമായതുകൊണ്ട് ഞാൻ വളരെ ഗൗരവമായിട്ടെടുക്കുമായിരുന്നു കോപ്പി അടി നിർത്തിയായിരുന്നു അപ്പോൾ കോളേജിൽ ഇങ്ങനെ സെക്കൻഡ് ഇയറിൽ ഒരു ഞങ്ങളുടെ കോളേജ് ഫെലോഷിപ്പിലൊരു മാഡം വന്നു ഒരു വിശ്വാസിയായ മാഡമായിരുന്നു ആ മാഡം നല്ലൊരു ഞങ്ങളെ ലീഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഗ്രേസുള്ള മാഡമായിരുന്നു അപ്പം മാഡം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മാഡത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പ്രയർ ആ ഒരു സമയത്ത് പ്രേരണ സമയത്ത് മാമിങ്ങനെ ഷെയർ ചെയ്തു നമ്മൾ ഈ കോപ്പി അടിക്കുന്ന പോലെ തന്നെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കോപ്പി അടിക്കുന്നില്ലായിരിക്കും പക്ഷെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പേപ്പറ് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കോപ്പി അടിച്ച തന്നെയാണ് അത്രയും ഗൗരവമുള്ള കാര്യം തന്നെയാണ് കാരണം അതും ഒരു നിയമലംഘനമാണ് അതും ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാം ഇങ്ങനെ ഷെയർ ചെയ്തു അപ്പോൾ ഞാൻ അന്നേവരെ ഞാൻ ഓർത്തോണ്ടിരി നോക്കി ഞാൻ കോപ്പി അടിക്ക് നിർത്തി വിശ്വാസിയായി കാര്യം പത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഞാൻ നിർത്തിയല്ലോ പക്ഷെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്കൊരു താമ്പിള്ളേരുടെ ഇടയ്ക്ക് വളരെ കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ വലിയ പാപമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു മട്ടില് കാണിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ ഞാൻ കോപ്പി അടിക്കത്തില്ലായിരുന്നു പക്ഷെ മാമിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലത് വളരെ എന്നെ എന്നെ കൺവിക്ട് ചെയ്ത കാര്യം അപ്പം ഞാൻ തിരിച്ചുപോയി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ ഐ വോണ്ട് ടു ടേക്ക് ദാറ്റ് ആസ് സീരിയസ്ലി ആസ് ഐ വു ടേക്ക് മൈ കോപ്പിങ് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു പിറ്റേ ഞങ്ങളുടെ പരീക്ഷയായിരുന്നു അപ്പം പരീക്ഷയ്ക്ക് ഞാനിരുന്നു ചുറ്റും എൻ്റെ കൂട്ടുകാരാ ഉള്ളത് കോളേജിൽ വളരെ ബബ്ളി ആയിട്ടുള്ള നല്ല ചെത്ത് പയ്യന്മാരൊക്കെയാണ് അപ്പോൾ അവർ ഇങ്ങനെ എല്ലാവരും കോപ്പി അടിക്കും അപ്പം ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ആളായതുകൊണ്ട് എന്നോട് എപ്പോഴും ചോദിക്കും അപ്പം ഞാൻ അന്നിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം എനിക്കറിയാം ചോദ്യം വരും അപ്പോൾ ഞാൻ കർത്താവ് ആ ഒരു സിറ്റുവേഷൻ എന്നെക്കൊണ്ടാക്കല്ലേ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നാ വിചാരിക്കും ഇവരെന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഓ അവൻ ഭയങ്കര സെൽഫിഷാണ് അവൻ നമ്മൾ മാർക്ക് മേടിക്കാൻ അവന് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെയല്ല അവർ മനസ്സിലാക്കത്തുള്ളൂ അല്ല ഞാൻ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡെടുക്കുന്നു എൻ്റെ ഒരു ഈ ഒരു കൺവിഷൻ കാരണോ ഞാനങ്ങ് ചിന്തിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കത്തില്ലല്ലോ അപ്പം എൻ്റെ പേടി മുഴുവൻ അതാ എൻ്റെ റെപ്യൂട്ടേഷൻ പോകുമോ എന്നെ സെൽഫിഷ് ആയിട്ടൊക്കെ ആൾക്കാർ നോക്കുകയോ പിള്ളേരൊക്കെ എന്നാ പറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അപ്പം എൻ്റെ അടുത്തിരുന്ന അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് ചോദിക്കരുതേ ആരും ചോദിക്കരുതേ പക്ഷേ മൈ ഫിയേഴ്സ് കീം ട്രൂ അപ്പോൾ ഓരോരുത്തരിങ്ങനെ എന്നോട് ചോദിച്ചു എന്നാത് കാണിച്ചതാണ് അപ്പം ഞാൻ ഭയങ്കര ആത്മസംഘർഷമായിരുന്നു കാണിച്ചു കൊടുക്കണോ കാണിച്ച് കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പോലെ പയ്യെ ഇങ്ങനെ എൻ്റെ പേപ്പറിങ്ങനെ വെച്ചാലൊക്കെ മതിയല്ലോ അതൊക്കെ ഓർത്തു പിന്നെ ഞാൻ ഓർത്തു കർത്താവ് ഐ പ്രേ ഐ ആസ്റ്റ് യു ദാറ്റ് ഐ ഹാവ് ടു യുനീറ്റ് ഗിം മീ സ്ട്രെങ്ത് സ്റ്റോപ്പ് ദിസ് അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പം അവിടെ ഒരു എടുക്കാൻ കർത്താവ് സഹായിച്ചു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിങ്ങനെ എഴുതി ഐ എം എ ക്രിസ്ത്യൻ ഐ കെ ചീറ്റ് എന്നെ ഞാൻ എഴുതി അവനെ കാണിച്ചു അപ്പോൾ അവനത് കണ്ടു ഭയങ്കര നിരാശനായിട്ട് അവനങ്ങനെ മുഖമൊക്കെ അപ്രദ മുഖം മാറ്റി അവൻ പരീക്ഷ എഴുതാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ആൻസർസ് ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്വസ്റ്റൻ പേപ്പറ് ടൈ ചെയ്യണമായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനത് വെട്ടിക്കളയാൻ മറുപടി ഞാൻ എഴുതിയത് അപ്പോൾ ഞാനത് ടൈ ചെയ്തു ഞാൻ ആ പേപ്പർ ഞാൻ അറിഞ്ഞില്ല എന്നെക്കുറിച്ച് ഞാൻ പിന്നെ ഞാൻ പിന്നെ ഓർത്തില്ല ആ പേപ്പർ ഞാൻ കൊടുത്തു അപ്പോൾ അത് എൻ്റെ ഹൈഡ്രോളിക് എഞ്ചിനീയർ സിവിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചെയ്തത് കോളേജിൽ അപ്പം ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പറായിരുന്നു ആ മോഡ്യൂളിലായിരുന്നു അപ്പം എൻ്റെ ഹൈഡ്രോളിക് എൻജിനീയറിംഗിൻ്റെ മാഡം എന്ന് പറയുന്നത് ഐ ഐ ടിയിലൊക്കെ പഠിച്ച ഭയങ്കര കോളേജിൽ വലിയ പേരുള്ളൊരു മാഡം ആയിരുന്നു ഒരു തമിഴ് ബ്രാഹ്മണമാണ് കുറിയൊക്കെ വരുന്ന ഒരാളാണ് ഒരു സീനിയർ മോസ് ഫാക്കൾട്ടിയാണ് ഐ ഐ ടിയിലൊക്കെ പഠിച്ചിറങ്ങിയ ഭയങ്കര ഒരു സംഭവമാണ് അപ്പം പുള്ളിക്കാരത്തി ആരെയും വലിയ മൈൻഡൊന്നും ചെയ്തിട്ടില്ല ക്ലാസ്സിൽ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ പേപ്പർ വന്നു അപ്പം ഞാനൊന്നും അറിയുന്നില്ല അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ക്ലാ ക്യാബിനിലോട്ട് മാമിൻ്റെ ആളെ വിട്ടു എന്നെ വിളിക്കാൻ വേണ്ടി അപ്പം മാം എന്നെ വിളിച്ചു ഞാൻ ചെന്നു ചെന്നപ്പോൾ മാം എൻ്റെ പേപ്പർ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാം ചോദിച്ചു വാട്ട് ഇസ് ജസ് ഞാൻ ചോദിച്ചു എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാം ഇറ്റ്സ് സംവൺ ആസ്റ്റ് to ടു ഷോ I ഐ ജസ്റ്റ് ഐ ഡൻറ്റ് വോണ്ട് ചീച്ച് സോ ഐ റോഡ് ദാറ്റ് മാം ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചു എൻ്റെ പറഞ്ഞു വെരി ഗുഡ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എന്നെ പിന്നെയുള്ള സമയത്ത് പിന്നീട് വേറൊന്നും പറഞ്ഞില്ല പുള്ളിക്കാരത്തി പിന്നെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേക്കും എന്നെ പഠിപ്പിക്കുമ്പോഴേക്കും പുള്ളിക്കാരത്തി എൻ്റെ എൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഒരു ഒരു ഒരു പോലെ കാണിക്കുമായിരുന്നു അതുപോലെ ബാക്കിയുള്ള ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കാരണം അവരൊക്കെ പിന്നെ ഭയങ്കര ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു എന്നെ നോക്കുന്നത് വേറെ രീതിയിലായിരുന്നു ആ രീതി കർത്താവ് ഓണർ ചെയ്തു അപ്പോൾ അതൊരു സാക്ഷിയായിട്ട് പറയാൻ ഞാൻ ആഗ്രഹം ആഗ്രഹിക്കണം അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തത് അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അൺകണ്ടീഷണൽ ലെവലും ദൈവത്തിൻ്റെ ട്രാൻസ്ഫോമിങ് ലെവലും അടിയുറച്ച അല്ലെങ്കിൽ ഒരു ഫേം ഫൗണ്ടേഷൻ ഇട്ട ഒരു വ്യക്തിയായി മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ